നിങ്ങൾ യാത്രയിലാവുകയും എഴുത്തുകാരനെ കണ്ടെത്താതിരിക്കുകയും ചെയ്താൽ കൈവശം വെക്കാവുന്ന ഒരു ഈട് നൽകുക എന്നാൽ നിങ്ങളിൽ ചിലർ ചിലരെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വസിപ്പിക്കപ്പെട്ടവൻ തൻറെ അമാനത്ത് വീട്ടിക്കൊടുക്കട്ടെ അവൻ തൻറെ രക്ഷിതാവായ അള്ളാഹു സുബഹാനഹൂവ തായാലയെ ഭയപ്പെടുകയും ചെയ്യട്ടെ നിങ്ങൾ സാക്ഷ്യം മറച്ചുവെക്കരുത് ആരെങ്കിലും അത് മറച്ചുവച്ചാൽ അവൻറെ ഹൃദയം പാപിയാകുന്നു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു സുബഹാനഹൂവ തായാല അറിയുന്നവനാകുന്നു